അള്ളാഹു സുബഹാനുഹുവ ചായാല ഒരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല അവനോടൊപ്പം മറ്റൊരു ദൈവവും ഉണ്ടായിട്ടുമില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഓരോ ദൈവവും താൻ സൃഷ്ടിച്ചതിനെ കൊണ്ടുപോകുമായിരുന്നു അവരിലൊരാൾ മറ്റൊരാളേക്കാൾ ഉന്നതനാകുമായിരുന്നു അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അള്ളാഹു സുബഹാനുഹുവചായാലയോ പരിശുദ്ധൻ